പിൽ അജയ്കുമാർ എഴുതിയ നാടകം പരമേശ്വരൻ കുര്യാത്തി മുഹമ്മദ് പൂവച്ചൽ പ്രഭാതൻ പരപ്പിൽ സമീൽകുമാർ കൂവളശ്ശേരി ചന്ദ്രിക വിജയൻ ഒ ശ്രീധരി പേര് ഞാൻ മറന്നല്ലോ എന്താ നിന്റെ പേര് അത് തന്നെ അത് തന്നെ കലികയുടെ മകൾ അല്ലേ നിന്റെ പ്രായത്തിൽ കലികയും ഇതേപോലെ ആയിരുന്നു ഒരു മാറ്റവും നമ്മുടെ യുവരാജാവ് യാദിയുടെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നീ തന്നെ നിയുക്തയായത് ഭാഗ്യം ഇന്ന് എട്ടാം ദിവസമല്ലേ ആ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇന്ന് അർദ്ധരാത്രിയിൽ യുവരാജാവിന് സ്വബോധം തിരിച്ചു കിട്ടും വൈദ്യശാസ്ത്രത്തിൽ ഞാൻ ആർജിച്ച വിജ്ഞാനം എന്റെ മാനം കാക്കും ആ നീ ഉണർന്നിരിക്കണം നെറ്റിയിൽ തുണി എപ്പോഴും നനച്ചിടണം ശരി സ്വാമി ഞാൻ പോകുന്നു യുവരാ ദാസിയായ കലികയുടെ മകൾ അളക നീ എന്തിനു ഈ അർദ്ധരാത്രിയിൽ ഇവിടെ കടന്നു വരാൻ നിന്നോട് ആര് പറഞ്ഞു മാപ്പാക്കണ യുവരാജാവേ അങ്ങക്ക സംസാരിച്ചുകൂടാ അങ്ങനെ രോഗശൈലാണ് എനിക്കൊരു എന്തായാലും ആ നെറ്റിയിൽ തുണിയൊന്നും നനച്ചിരട്ടെ കൊട്ടാരം വൈദ്യം പറഞ്ഞിട്ട് പോയതാ കഴിഞ്ഞോ കഴിഞ്ഞു എട്ടു ദിവസങ്ങളായി അങ്ങും ഓർക്കാൻ കഴിയുന്നില്ലേ കുതിരയോട്ട മത്സരത്തിൽ അങ്ങ് കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു വീണത് ഒന്നും എല്ലാം ഞാൻ ഓർക്കുന്നു അമ്മ മഹാറാണി കൊട്ടാരത്തിലുണ്ട് ഇന്നലെയും അങ്ങയെ കാണാൻ വന്നിരുന്നു കണ്ടയുടൻ മോഹാരസ്യപ്പെട്ടു വീണു എന്റെ അമ്മ മഹാറാണിയുടെ കൂടെ ഉണ്ട് അങ് കണ്ണുകൾ അടച്ചാട്ടെ ഈ മരുന്ന് വിഷമുള്ളതാ ഒരു കണിക പോലും കണ്ണിൽ വീഴാൻ പാടില്ല എന്നെ കൊല്ലോ അപ്പോൾ ാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എട്ടു ദിവസങ്ങളായി ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങുകൾ ഒന്നടച്ചാട്ടെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നീ എന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്റെ കണ്ണുകൾക്ക് എന്തോ എനിക്കറിയില്ല അത് കണ്ണുകൾക്കല്ലേ അറിയോ കണ്ണടച്ചില്ലെങ്കിൽ ഞാൻ പോകും ഞാൻ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം അയ്യോ നീ പോകണ്ട ഞാനിത് കണ്ണുകൾ അടച്ചു അങ്ങനെ ഞാനീ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോ നമ്മുടെ ബാല്യം ഓർമ്മ വരുന്നു നീ അതൊക്കെ മറന്നു അല്ലേ നീ അന്നൊരു പൂമുട്ടായിരുന്നു പുഷ്പമായിരിക്കുന്നു യുവരാജാവായപ്പോൾ ഞാനൊന്നും മറന്നിട്ടില്ല എല്ലാം ഇപ്പോ എന്റെ കണ്ണുമ്പിൽ കാണുന്നത് പോലെ എല്ലാം ഞാൻ ഓർക്കുന്നു കൊട്ടാരം നഗരം ൂ സുഗന്ധമാണല്ലോ ഇത്ളെ എന്റെ മൂക്കിനടുത്തേക്ക് ഒന്ന് കൊണ്ടുവരാമോ ഞാൻ ആ മുടിയിലിരിക്കെ തന്നെ ഞാനതിനെ ആസ്വദിച്ചോളാം അയ്യോ അമ്മ യുവരാജാവാണെന്നും രോഗശേഖയിലാണെന്നും വിസ്മരിക്കുന്നു എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ആ സുഗന്ധം അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കും രാജകുമാരിയാണ് മണ്ഡലോദ്യാനത്തിലെ പുഷ്പ സഞ്ചയം മുഴുവനും ഈ പിച്ചിപ്പൂക്കൾക്ക് മാത്രമായി സുഗന്ധം പ്രദാനം ചെയ്തിരിക്കുന്നു അയ്യോ യുവരാജൻ കുട്ടിക്കാലം മുതൽക്ക് നിന്നെ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു നീ ദാസിപ്പണ്ണല്ല എന്റെ രാജകുമാരിയാണ് എന്റെ രാജകുമാരി തെറ്റിയില്ല നിന്റെ യുവരാജാവ് ഏയാദി തന്നെയാണ് ഈ പറയുന്നത് അങ്ങുറങ്ങിക്കോളോ ഞാൻ എടുത്തിരിക്കാം ഞാൻ ഉറങ്ങാം പക്ഷെ ഒരു കാര്യം നീ എൻ്റെ അടുത്തിരിക്കണം ചേർന്നിരിക്കണം ആ അങ്ങനെ അയ്യോ അങ്ങനെ എന്താണ് ഈ പറയുന്നത് എനിക്ക് പോയാലല്ലേ പറ്റൂ എന്റെ കണക്കുകൂട്ടലിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല യുവരാജാവ് കൃത്യ സമയത്ത് തന്നെ ഉണർന്നിരിക്കുന്നു കാലിന് വേദന എങ്ങനെയുണ്ട് എന്റെ മരുന്നുകൾ ഫലിച്ചു അല്ലേ എല്ലൊടിഞ്ഞിട്ടെന്ന് തോന്നുന്നു വല്ലാത്ത വേദന വിഷമിക്കണ്ട ആര്യാവർത്തത്തിന്റെ പൂർവഭാഗത്തുള്ള വിദഗ്ധനായ ഒരു ചികിത്സകനെ കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എല്ലുകൾ കൂട്ടിയോജിപ്പിക്കുവാൻ മിടുക്കന ഈ യുവരാജാവിനെ കാണാൻ അമ്മ മഹാറാണി എഴുന്നള്ളുന്നു അമ്മേ നിനക്ക് ബോധം തിരിച്ചു വിവരം അന്തപുരത്തിലുള്ള എല്ലാവരുടെയും കാതുകളിൽ എത്തിയിരിക്കുന്നു എല്ലാവരും ആനന്ദസാഗരത്തിൽ എട്ടു ദിവസങ്ങളായി നിന്റെ ചലനമില്ലാത്ത കിടപ്പ് കണ്ട് എത്രയോ പ്രാവശ്യം നമ്മുടെ കൊട്ടാരം വൈദ്യന്റെ നിരന്തരമായ ശുശ്രൂഷയും പരിചരണവും കൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു അമ്മേ എന്റെ കാലുകൾക്ക് വല്ലാത്ത വേദന അമ്മ മഹാറാണി എന്നെ അനുവദിച്ച് കൽപ്പിച്ചാലും അങ്ങനെയാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം ആ അതാ നോക്കി നിൽക്കുന്നത് അത് കാലിൽ കുഴമ്പ് വരട്ടിക്കൊള്ളു നാം അന്തപുരത്തിലേക്ക് യാത്രയാകുന്നു അമ്മ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെ വഴിക്കുവാൽ മാത്രം പോരാ ശരിക്കും പുരട്ടണം എന്റെ അടുത്തിരുന്ന് പുരട്ടണം അയ്യോ ആരും കാണില്ലേ നീ എന്റെ അടുത്തിരിക്കുമ്പോ എല്ലാ വേദനകളും ഞാൻ മറക്കുന്നു അമാത്യൻ ആര്യാവർത്തത്തിന്റെ പൂർവഭാഗത്തു നിന്നെത്തിയ ചികിത്സകന് വിലപ്പെട്ട സമ്മാനങ്ങളും പണക്കിഴികളുമൊക്കെ നൽകാൻ നാം കൽപ്പിക്കുന്നു ായി രോഗിയിലായിരുന്നു ഇപ്പോഴാണെങ്കിൽ നീ തീർത്തും ഉന്മേഷവാനാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാജ്യകാര്യങ്ങളിൽ മറ്റും ശ്രദ്ധ വേണം അച്ഛാ എല്ലാം അവിടത്തെ അനുഗ്രഹം പോലെ ഞാൻ ഒരു വിവരം ഉണർത്തിക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ടെത്തിയത് എന്താണ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു അശ്വമേധത്തിന്റെ ഞാൻ ആര്യാവർത്തം മുഴുവൻ ഒന്നും നീ ആർജിച്ചിട്ടില്ല തൽക്കാലം ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുന്നതല്ലേ നല്ലത് വീരനായ ഏയാദി രാജകുമാരന്റെ മനോബലത്തെ മഹാറാണി നിർവീര്യമാക്കുന്നു നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ നഗരദേവന്മാരുടെ ഉത്സവത്തിൽ വെച്ച് അശ്വമേധം നാം വിളംബരം ചെയ്യാം നമ്മുടെ മൂത്തുമകൻ കണ്ടു ഒരു സന്യാസിയുടെ വേഷത്തെ റാണിക്ക് തോന്നിയതാണ് എന്റെ യാകാശം ചുറ്റിക്കറങ്ങി പൂർവ ആര്യാവർത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതിമനോഹരമായ ഈ വനഭൂമി എന്റെ സുദീർഘമായ യാത്രയിൽ നിന്നെ കണ്ടുനിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ എവിടെയാണ് രോഗശേഖിയിൽ വെച്ച് നീ എന്റെ മനസ്സിന് നൽകിയ കുളിർമ നിന്നെ മറക്കുവാൻ കഴിയുന്നില്ല ആ പിച്ചിപ്പൂവിന്റെ സുഗന്ധം പ്രിയമുളവളെ നീ ദാസിയല്ല എന്റെ മാനസ റാണിയാണ് മഹാമനെ ക്ഷമിക്കണം അങ്ങയുടെ പാദത്തിൽ വീണ് ഞാൻ കേണപേക്ഷിക്കുന്നു ക്ഷമിക്കണം ഞാൻ ക്ഷത്രിയനാണ് വേട്ടയാടൽ എന്റെ ധർമ്മമാണ് ക്ഷമിക്കണം മഹാമനെ ധർമ്മധർമ്മങ്ങളെപ്പറ്റി നീ എന്നെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതിനുള്ള അർഹത എനിക്കില്ല മഹാമനെ അങ് ആരാണ് ഞാനൊരു യോഗിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കുക എന്നെ അനുഗ്രഹിക്കണം രാജകുമാരനാണ് ശരീരത്തിന്റെ അടിമ നിന്നെ പോലുള്ള രാജാക്കന്മാർ മധുരപലഹാരങ്ങൾ കഴിച്ച് നാവിന്റെ ദാസന്മാരാകുന്നു വസ്ത്രങ്ങളും മാഫനങ്ങളും അണിഞ്ഞ് ശരീരത്തിന്റെ ദാസന്മാരാകുന്നു അങ്ങനെ ആത്മാവ് നശിപ്പിക്കുന്നു ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കാമോ മഹർഷേ ക്ഷമിക്കണം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരിക്കലും സന്യാസിയാകില്ല എന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്റെ ജ്യേഷ്ഠൻ ബാല്യത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച് എങ്ങോട്ട് പോയി അമ്മ എന്നും ദുഃഖിതയായി ഹസ്തനപുരിയിൽ കഴിയുന്നു എന്നെനുഗിക്കുക നിന്റെ ജ്യേഷ്ഠനാണ് ഞാൻ എന്റെ പിന്നാലെ വരൂ ഇരിക്കും അങ്ങയെ ഇപ്പോ കണ്ടതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും സന്തോഷം അമ്മയുടെ സന്തോഷം അച്ഛന്റെ സന്തോഷം ഏയാദിയുടെ സന്തോഷം അതൊന്നും സന്തോഷമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അതെന്താണെന്നോ ബ്രഹ്മാനന്ദം ശരീരസുഖം ദുഃഖകരമാണ് ആ സുഖം സ്പർശനത്തിന്റെയോ ദർശനത്തിന്റെയോ ശരീരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുത്വം അതിൽ വിജയം നേടണം ഈ പഴമൊന്ന് രുചിച്ചു നോക്കൂ കൈപ്പ് അനുഭവപ്പെടുന്നില്ലേ മനുഷ്യന്റെ നാക്കിനെപ്പോഴും മധുരം തന്നെ വേണം മധുരത്തോടുള്ള ആസക്തി നിമിഷം പ്രതി ആ ശക്തി മനുഷ്യന്റെ ശരീരോവാസകനായി മാറ്റും ശരീരമാരുടെ ആത്മാവ് ഈ മാർഗം സ്വീകരിക്കുവാൻ ഏതൊരു ഋഷി വെറുതെ അനുഗ്രഹം കൊണ്ടാണോ ഞാൻ ജനിക്കുവാനിടയായത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെ ഈ വിരക്തിയും ജന്മം അദ്ദേഹത്തെ ദർശിക്കുവാനായി ഒരിക്കൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിൽ അമ്മ എന്നെ ആശ്രമത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി ഞാൻ വിചിത്രങ്ങളായ സ്വപ്നങ്ങൾ കണ്ടു ഞാൻ എനിക്ക് വെളിയിൽ ചെന്നപ്പോൾ ആ കുടീരത്തിനടുത്തുള്ള ആശ്രമത്തിലെ ബ്രഹ്മചാരികൾ മക്കൾക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല ഋഷിയുടെ ശാപം ഋഷിയുടെ ശാപേക്കത്തു പാപം ചെയ്തു അതെനിക്കറിയില്ല ദുഃഖിതനായ രാജകുമാരനായി ജീവിക്കുന്നതിനു സുഖാനുഭവങ്ങളുള്ള സന്യാസിയായി തീരുന്നതാണ് നല്ലതെന്ന് ഞാൻ നിശ്ചയിച്ചു അങ്ങനെ ഞാൻ ഹിമാലയത്തിൽ എത്തി എനിക്ക് ധ്യാനത്തുള്ള സമയമായി കൊണ്ടുവരാം നിങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം കാണുക അമ്മയ്ക്ക് വേണ്ടി സാധ്യമല്ല എന്റെ തപസ്നീം അവസാനിച്ചിട്ടില്ല ഞാൻ ഒരിടത്തും കൂടുതൽ ദിവസം തങ്ങുകയില്ല എനിക്ക് ഇന്നോ നാളെയോ നീ രാജാവാ സമ്രാട്ടാകും നൂറ് നൂറ് അശ്വമേധങ്ങൾ നടത്തണം എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ലോകത്ത് ജയിക്കുന്നത് അത്ര എളുപ്പമല്ല മനസ്സിന് ജയിക്കുന്നത് <laughs> െ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നെ സ്വീകരിക്കുവാനും ദീപമൊഴിയുവാനും സുന്ദരിമാരായ ദാസിമാർ ഇവരുടെ ഇടയിലൊന്നും അളകയെ കാണുന്നില്ലല്ലോ നിന്നെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാത്തതിൽ എന്റെ മനസ് ഉണർന്നു നിന്റെ മുഖത്തെന്താ ഒന്നുമില്ലമ്മേ ഞാനൊരു വിവരം ചോദിക്കട്ടെ നമ്മുടെ കലികയുടെ മകൾ ആളുക അവളെവിടെയൊന്നും കാണുന്നില്ലല്ലോ അവൾ അവളുടെ ചിറ്റമ്മയുടെ വീട്ടിലാ വളരെ ദൂരെ ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഓഹോ ഞാനറിഞ്ഞില്ല ി നടത്തുന്ന ശാന്തി യജ്ഞത്തിന് എപ്പോഴാണ് യാത്ര തിരിക്കേണ്ടതെന്ന് പറയൂ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്താണ് ഭീകരന്മാരായ രാക്ഷസന്മാരോട് മഹാറാണി ഇക്കാര്യത്തിൽ എതിർ നിൽക്കണ്ട മകനെ അനുഗ്രഹിക്കൂ കൊട്ടാരൈദ്യ ചികിത്സയിലാണ് പറയണമെന്നുണ്ട് ഇതിനുള്ള കരുത്ത് എനിക്ക് ആർജിക്കണം തരൂ മദ്യം തരൂത്രം നിറയെ മദ്യം തരൂ അമാവിക്കുവാനുള്ള എന്റെ മോഹം ഇതുവരെ തീർന്നിട്ടില്ല മോനെ അതിനു വേണ്ടി എന്റെ സാമ്രാജ്യം പോലും ഒരുപക്ഷെ അത്യന്തം സ്വർഗത്തിലെ രാജാവായ കഥ നിനക്കറിയാമോ നിന്റെ പിതാവ് അപരാധിയാണ് മോനെ ഒരു കാര്യം എപ്പോഴും നീ ഓർത്തിരിക്കണം ജീവിതത്തിലെ അതിർവരമ്പുകൾ ഒരിക്കലും മറക്കരുത് കുട്ടി അച്ഛാ എല്ലാം ഞാൻ അനുസരിക്കുന്നു പറയാനുണ്ട് നമ്മുടെ എത് ജീവിച്ചിരിക്കുമ്പോ എവിടെ പൂർവ്വത്തിൽ അവിടെ അച്ഛനൻ കണ്ടു അശ്വമേത സമയത്ത് നീചൻ സ്വാർത്ഥൻ ഇത്രയും നാൾ നീ നിനക്ക് രാജപദവി നഷ്ടപ്പെടുമെന്ന് കരുതിയല്ലേ അയ്യോ അമാനെ വിളിക്കൂ ആരവിടെ അമാത്യ എനിക്കു സമയമായി എനിക്ക് കുറച്ച് മദ്യം തരൂ ശരിയാണേ പൂർവാര്യ അവർത്തനുഗ്രഹിച്ചാൽ ഞാൻ എതിയെ അന്വേഷിച്ചു കൊണ്ടുവരും അവൻ വരുമോ എന്നാണ് എന്റെ സംശയം സന്യാസം സ്വീകരിച്ചിർന്ന് പോയതല്ലേ അമ്മേ ഞാൻ പോകാം എതിയെ ഞാൻ കൊണ്ടുവരാം മണ്ടാര അടി ഇവിടെ ഈ ഗുഹയിലാണ് ഏത് താമസിച്ചിരുന്നത് അദ്ദേഹം ഇവിടെ വിട്ടു പോയിരിക്കുന്നു നമുക്ക് തിരിച്ചു പോകാം അടി ഏ കനികയുടെ മകൾ നാം ഇപ്പോൾ യുവരാജാവല്ല മഹാരാജാവാണ് ഭാര്യയാണ് എന്നാണ് ഞാനറിയാതെ മറ്റൊരാളുടെ ഭാര്യയായത് എനിക്കിഷ്ടമില്ലായിരുന്നു തക്ക സമയത്ത് ഞാനിവിടെ എത്തി നിന്റെ രക്ഷകനായി ഇന്നുമുതൽ നീ എന്റെ സഹോദരിയാണ് ബാല്യത്തിൽ എനിക്കും നിനക്കും നിന്റെ അമ്മ മുലയൂട്ടിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി മഹാരാജാവേ സന്തോഷമായി ഞാൻ ഹസ്തനപുരിയിലെ മഹാരാജാവിന്റെ സഹോദരിയാണ് അമ്മേ േ അളക നമ്മുടെ കലികയുടെ മകൾ അളക മനസ്സിലായി ഒരു ദാസി പെണ് അമ്മ ആനയിച്ചു കൊണ്ടുവന്നു അല്ലേ ആളയെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നതാണമ്മേ അവളെല്ലാം അമ്മയോട് പറയും ോട് പറഞ്ഞു ഞാൻ കേട്ടു അളകോയാൾ ഹസ്തനപുരിയിലെ രാജാവാണ് രാജാക്കന്മാർ ദാസികളെയല്ല രാജകുമാരിമാരെയാണ് അന്വേഷിക്കേണ്ടത് അമ്മേ അയ്യോ അളക ഇപ്പോൾ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എന്നുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ എന്താണ് ഈ പറയുന്നത് വരൂ ആ നിലവറക്കുള്ളിൽ അവളുണ്ട് നീ അവളിൽ കണ്ട സൗന്ദര്യ നാമാവശേഷമായിരിക്കുന്നു ഇനി അത് ആസ്വദിക്കാൻ നിനക്കാവില്ല അല്പസമയം അവിടെ കഴിയാം രാജമാതാവിന്റെ അന്ത്യശാസനമാണിത് മരിക്കുന്നതിന് മുമ്പ് പ്രകടിപ്പിക്കുന്ന അവസാന ആഗ്രഹം സഫലമാക്കി കൊടുക്കുക ോ നീ എന്താണ് ഈ കാണിച്ചത് കണ്ടോ അതിൽ നിറയെ സ്നേഹമുണ്ടായിരുന്നു ഞാനത് മുഴുവനും കുടിച്ചു അവസാനമായി നിന്നെ ഞാനൊന്ന് വിഷമാണ് വിഷം അങ്ങ് ജീവിതത്തിലേക്ക് പോവും അങ്ങ് ദാസിയായ കലികയുടെ മകളാണ് അങ്ങ് മഹാറാണിയുടെ മനസ്സിന് ഒരു നോവ് ഏൽപ്പിക്കരുത് അലക നാടകം സമാപിക്കുന്നു രചന കാപ്പി അജയ് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മുഹമ്മദ് പൂവച്ചൽ നഹുഷ മഹാരാജാവ് പ്രഭാതൻ പരപ്പിൽ കൊട്ടാരം വൈദ്യൻ സനിൽകുമാർ കൂവളശ്ശേരി അമ്മ മഹാറാണി ചന്ദ്രിക വിജയൻ അളക ഒ ശ്രീധരി സന്നിധാനം എസ് രാധാകൃഷ്ണൻ കുസുമ്മ പ്രിയദർശിനി